അവൻ തന്റെ ദാസന്മാർക്കുമേൽ ആധിപത്യമുള്ളവനാകുന്നു അവൻ നിങ്ങളുടെ മേൽ കാവൽക്കാരെ നിയോഗിക്കുന്നു നിങ്ങളിൽ ഒരാൾക്ക് മരണം വരുമ്പോൾ നമ്മുടെ ദൂതന്മാർ ആത്മാവിനെ എടുക്കുന്നു അവർ ഒട്ടും വീഴ്ച വരുത്തുകയില്ല